ആകാശവാണി ദേശീയ നാടക പരിപാടി രചന വിനോദ് കുമാർ മലയാള പരിഭാഷ ഡോക്ടർ അജിത് കുമാർ ബി പങ്കെടുക്കുന്നവർ രജിതാ മധു രജനി മേലൂർ പി ടി മനോജ് പി കെ വെങ്ങരാ എം എസ് വാസുദേവൻ ബാലമുരളി ചിരക്കൽ ഷാജി മാലൂർ ജിതേഷ് പി സജി സെബാസ്റ്റിയൻ കെ ഒ ശശിധരൻ വി മുരളീധരൻ ജിതേഷ് പി വി ഷാജി ജി സഹകരണം എസ് ആർ മായാ എ ടി നിത്യ സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി സുരേന്ദ്രൻ കൂടാളി നിർവഹണ സഹായം വിനീത സുമം സഹിക്കാൻ കഴിയില്ല കഴിയില്ല ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ലെന്നുണ്ടോ ഇനിയും എത്രനാൾ നാം ഗുജറാത്തിലെ സുൽത്താൻ മുജഫറിന്റെ സൗജന്യത്തിൽ കഴിയും എത്രനാളമ്മൻവീറേ കാലത്തിന്റെയും ഭാഗ്യത്തിന്റെയും വിധിയുടെയും മുന്നിൽ ആർക്ക് പിടിച്ചു നിൽക്കാനാകും കാലവും ഭാഗ്യവും വിധിയും ഇവ ദുർബലരുടെ കഴിവില്ലായ്മയെ വെളിവാക്കുന്ന വാക്കുകൾ മാത്രമാണ് മേ എനിക്ക് വെറുപ്പാണ് ഈ വാക്കുകളോട് ഇനി ഒട്ടും സഹിക്കാൻ കഴിയില്ല നിനക്ക് ഭാഗിലെ ഭൂമി കിട്ടിയല്ലോ അത്രയെങ്കിലും ഭാഗ്യമുണ്ടല്ലോ നിനക്ക് ദാനം കിട്ടിയ തൊണ്ടുകളെ ഭാഗ്യമെന്ന് കരുതരുത് എനിക്ക് വേണ്ടത് ഭാഗിലെ ഭൂമിയല്ല മറിച്ച് മേവാടിലെ ഭരണമാണ് ചിത്തോടിലെ രാജസിംഹാസനമാണ് രാജസിംഹാസനത്തിന്റെ അവകാശി മൂത്ത എന്നതാണ് പാരമ്പര്യം അവകാശമോ അവകാശമുണ്ടെങ്കിലും രാജസിംഹാസനം മോനെ നിന്റെ കൈയെത്തുന്നതിനും അതുകൊണ്ട് ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കണം അമ്മേ സിറോഹിലെ റാണ ജഗ്മാൽ എന്റെ പിതാവ് മഹാറാണ പൃഥ്വിരാജിനെ വിഷം കുടിപ്പിച്ച് കൊന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ചിത്തൂടിലെ മഹാരാജാവിന്റെ സിംഹാസനത്തിൽ വിരാജിക്കുമായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ മരണശേഷം മഹാറാണ സാങ്കയ്യ സിംഹാസനസ്ഥനാക്കി എന്നാൽ അതുകൊണ്ട് നാം മഹാറാണ സാങ്കയുടെ മൂത്തപുത്രനായ പൃഥ്വിരാജിന്റെ പുത്രനാണ് എന്ന യാഥാർത്ഥ്യം മാറുന്നില്ല നമ്മക്കറിയാമല്ലോ മഹാറാണ സാങ്ക മുഗൾ ചക്രവർത്തി ബാബറുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം രാജാവായത് സാങ്കായുടെ മൂത്തപുത്രൻ അവനും വയസ്സിൽ എന്നേക്കാൾ എളുപ്പമായിരുന്നു എന്നാൽ അവന്റെ മരണശേഷമെങ്കിലും എനിക്ക് അധികാരം കിട്ടണ്ടേ ഇന്ന് ചിത്തോട് കോട്ടയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നതോ മഹാരാജാവിന്റെ രണ്ടാം ഭാര്യ കർണാവതിയുടെ മകൻ വിക്രമാദിത്യൻ എന്താ ഞാൻ വിക്രമാദിത്യ മൂത്ത സഹോദരൻ അല്ലേ എന്നിട്ട് എന്റെ അവകാശം പോയി മൂത്ത സഹോദരന്റെ മൂത്തപുത്രനോട് കാണിക്കേണ്ട ന്യായം എവിടെ പോയി അതും നാം ഉള്ളപ്പോൾ തന്നെ തീർച്ചയായും ഈ മഹാരാജാവ് പുത്തിരാജന്റെ പുത്രൻ തന്നെയാണ് പ്രായത്തിൽ വിക്രമാദിത്യനേക്കാൾ മൂത്തതാണ് എന്നാൽ ഞാൻ മഹാരാജാവിന്റെ വിവാഹം ചെയ്ത ഭാര്യയല്ലായിരുന്നുവെന്നത് മറക്കരുത് ഞാൻ അദ്ദേഹത്തിന്റെ ദാസിയായിരുന്നു ദാസി നീ ഒരു ദാസീപുത്രനാണ് ഈ യാഥാർത്ഥ്യവും മാറ്റാൻ കഴിയാത്ത ഒന്നാണ് പുത്രൻ പുത്രൻ തന്നെയാണ് കൂടാതെ നിയമം അനുസരിച്ച് മൂത്തപുത്രനായതുകൊണ്ട് സിംഹാസനത്തിൽ എനിക്കാണ് അവകാശം എനിക്ക് തന്നെയാണ് അവകാശം മേവാടിലെ സർദാറും പിന്നെ ഉമ്മറാവും നിന്നൊരിക്കലും രാജാവായി അംഗീകരിക്കുകയില്ല അഥവാ അങ്ങനെ സംഭവിച്ചാൽ ാണാ രതൻ സിംഗിന്റെ മരണശേഷം രാജാവാക്കില്ല പാരമ്പര്യം അധികാരത്തിന്റെയും നിയമങ്ങളുടെ ഗംഗയുടെ വംശത്തെ നശിപ്പിക്കേണ്ടി വന്നാൽ പോലും ഒരു ദിവസം നിങ്ങൾ മേവാടിലെ മഹാരാജാവിന്റെ അമ്മയാകും രാജമാതാവാതെ തന്നെ അമ്മയുടെ ഈ മകൻ സ്വന്തം ശപഥം പൂർത്തീകരിച്ചിരിക്കും നമ്മുടെ ശപഥമാണിത് ശപഥം ഈ നിൽക്കുന്ന ദൂതൻ ചിത്തോറിൽ മഹാറാണ വിക്രമാദിത്യസിംഹന്റെ സന്ദേശവുമായി വന്നതാണ് ബഹദൂഷ ചു അഭിപന്ധനം നാം തമ്മിൽ ഒരു യുദ്ധത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മാംഡൂവിലെ എല്ലാ കോട്ടുകളും അങ്ങയ്ക്ക് തിരികെ തരാൻ മേവാട് ഒരുക്കമാണ് അതുകൊണ്ട് മേവാടിനെ അക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അങ്ങയുടെ സേനയോട് ഗുജറാത്തിലേക്ക് മടങ്ങാനായി കൽപ്പന ചെയ്താലും മഹാറാണ വിക്രമാദിത്യസിംഹൻ തികച്ചും ദുർബലനായ ഒരു ചക്രവർത്തി താങ്കൾക്ക് മാണ്ടുവിന് കീഴിലുള്ള എല്ലാ കോട്ടകളും മടക്കി നൽകാൻ തയ്യാറാണ് സ്വീകരിച്ചാലും നാം ആഗ്രഹിക്കുന്നത് മുഴുവൻ മേവാടുമാണ് അപ്പോൾ ഇദ്ദേഹം നമുക്ക് അദ്ദേഹം തന്റെ സേനാനായകന്മാരെക്കാൾ കൂടുതൽ രാജകൊട്ടാരത്തിലെ ഗുസ്തിക്കാരെയാണ് വിശ്വസിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് രാജസഥത്തിൽ വെച്ച് വീരശൂരന്മാരായ സർദാർമാരെ അപമാനിക്കലാണ് റാണ വിക്രമാദിത്തന്റെ പതിവ് വിനോദം ഇതിൽ ക്ഷുഭിതരായ ഒരു കൂട്ടം സർദാർമാർ അദ്ദേഹത്തിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയെന്ന് കേൾക്കുന്നു കേട്ടത് ശരിയാണ് നമ്മുടെ ചക്രവർത്തി ചിത്തോടിനെ കീഴടക്കാൻ സർദാർ മുഹമ്മദ് അസോറിയെ സൈന്യത്തോടൊപ്പം അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് മഹാറാണ സംഘയുടെ മരുമകൻ നരസിംഹദേവനും ചന്തേരിയിലെ രാജാവ് മോദിനിയറായും നമ്മോടൊപ്പം ചേർന്ന് കഴിഞ്ഞു എന്ന് പോലും ആ പാവത്തിനറിയില്ല സമയമായി റാണാസംഘകാരണം എനിക്ക് സംഭവിച്ച തോൽവിക്ക് പ്രതികാരം ചെയ്യാനുള്ള സമയമായി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ ആരെങ്കിലും ചിത്തോടിനെ കീഴടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നമ്മുടെ വിജയക്കൂട്ടി പാറും പാറിക്കും മഹാറാണ വിക്രമാദിത്യന്റെ കുറച്ച് സർദാർമാർ ചക്രവർത്തി ഹുമൈണിനോട് സഹായം അഭ്യർത്ഥിച്ച് ദില്ലിയിലെത്തിയെന്ന് കേട്ടിരിക്കുന്നു കൂടാതെ അദ്ദേഹം സഹായിക്കാമെന്ന് ഏൽക്കുകയും പിന്നീട് നടന്ന എന്തെന്ന് ചെയ്തു പെട്ടെന്ന് തന്നെ കോട്ടയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൂടാതെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ചക്രവർത്തി ബഹാദൂർഷായും എത്തിച്ചേർന്നിട്ടുണ്ട് ഏതാനും ദിവസത്തെ കാര്യമേ ഉള്ളൂ ചിത്തോട് നാം ഭരിക്കും െവാടിന്റെ ദൂതൻ വന്നിട്ടുണ്ട് രാജൻ മേവാടിന്റെ രാജമാതാവ് മഹാറാണി കർണാവതി യുദ്ധം താൽക്കാലികമായി നിർത്താൻ ആഗ്രഹിക്കുന്നു എന്താ താൽക്കാലികമായി യുദ്ധം നിർത്തിവെക്കാനാണോ ആഗ്രഹിക്കുന്നത് അതോ സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാനോ എന്നാൽ അറിയിച്ചേക്കൂ ഇനിയും എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അവർക്ക് യുദ്ധം ചെയ്യാനാവുകയുമില്ല ഇനി എന്തു നടന്നാലും അത് എന്റെ ഇഷ്ടപ്രകാരമായിരിക്കും എന്റെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കുമ്പോൾ മാത്രം യുദ്ധം അവസാനിപ്പിക്കും നിങ്ങളുടെ രാജമാതാവിന്റെ സന്ദേശത്തിനുള്ള മറുപടി ഉടനെ തയ്യാറാക്കി നൽകും അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ നിബന്ധനകളിൽ തീരുമാനമുണ്ടായിരിക്കണം മറുപടി സന്ദേശം തയ്യാറാകുന്നതുവരെ ഈ ദൂതനെ പുറത്തു നിൽക്കുക നീ അറിഞ്ഞോ നാം ഗുജറാത്തിലേക്ക് മടങ്ങുകയാണ് എന്തു പറ്റാൻ ചിത്തോട് മുഴുവനായി നമ്മുടെ ചക്രവർത്തി ബഹാദൂർ ഷായ്ക്ക് വീണ്ടും മടക്കി നൽകി കൂടാതെ എണ്ണിയാലൊടുങ്ങാത്ത ആനകളെയും കുതിരകളെയും സമ്മാനിച്ചു ഒപ്പം വളരെയധികം ധനവ് വാളെടുക്കാതെ തന്നെ ഇത്രയും കിട്ടിയെങ്കിൽ പിന്നെ വേണം എന്തായാലും ചക്രവർത്തി ഹുബൈൽ സന്തുഷ്ടനായിട്ടുണ്ടാകും അതിനിടെ ചിത്തൂറിലെ മഹാറാണി ഹുമയൂണിനെ രാഖി അയച്ചതായും കേൾക്കുന്നു പുറമേ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ മതത്തിന്റെ കാര്യം വരുമ്പോ ഒരു മുഗൾ ചക്രവർത്തി മറ്റൊരു മുഗൾ ചക്രവർത്തിയോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ചിത്തൂർ രക്ഷപ്പെട്ടു എന്നാണ് ഓർത്തമാക്കേണ്ടത് അതെ എന്നാൽ അല്പ ദിവസത്തേക്ക് മാത്രം നമ്മുടെ ചക്രവർത്തിയുടെ നോട്ടം ദില്ലിയാണ് ഇന്ന് ഏതൊരു ഹുമയൂണിനെയാണോ ആലിംഗനം ചെയ്തുകൊണ്ട് സാഹോദര്യം കളിക്കുന്നത് താമസിയാതെ അയാളുടെ കഴുത്തിൽ വാള് വീഴുന്നതാണ് പിന്നെന്തിനാണ് ഈ കാത്തിരിപ്പ് ഉമയൂൺ ബലഹീനനാകുന്നതിനായി ബൻവീർ ബൻവീർ െ വീരന്മാരായ സർദാർമാർ ഇവിടെ അമ്മ പറഞ്ഞത് ശരിയാണ് എന്താണ് വിശേഷം വളച്ചു കിട്ടില്ലാതെ തെളിച്ചു പറയാം നിങ്ങളെ ആവശ്യമുണ്ട് മഹാരാജോ പൃഥ്വിരാജിന്റെ മകന് മേവാടിന്മേൽ തീർച്ചയായും അവകാശമുണ്ട് ആരെയാണ് മുള്ളെന്ന കരുതി ഇത്രയും കാലം നിങ്ങൾ ദൂരെ നിർത്തിയത് അതേ മുള്ളിന്റെ ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി കടങ്കഥ പറ നിർത്തിയാലും വിഷയത്തിലേക്ക് വരും ഏതുള്ളിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് രാജസിംഹാസനത്തിന് യോജിച്ച ഒരാളെയല്ലേ മേവാടിലെ ജനങ്ങളെയും പരിഹസിക്കുന്നത് തന്റെ അവകാശമാണെന്ന് അദ്ദേഹം കരുതുന്നു ഞങ്ങൾ രജപുത്രരാണ് അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പ്രാണൻ തിജിക്കുന്ന പോരാളികൾ ബൻവീറിന് കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ രാജാവ് മേവാടിനെ ആക്രമിച്ചിരുന്നത് രാജമാതാവ് കർണാവതി മാൾഡായി കോട്ടകൾ നൽകിയാണ് ചിറ്റോകടിനെയും രാജാവിനെയും രക്ഷിച്ചത് എന്നിട്ട് എന്തായി രാജാവ് ഞങ്ങൾ സർദാർമാരോടുള്ള അപമാനം തുടർന്നു പിന്നീട് ബഹദൂർഷയുടെ ആക്രമണം ഉണ്ടായപ്പോൾ അവർക്ക് വീണ്ടും ഞങ്ങളുടെ സേവനം വേണ്ടിവന്നു അന്ന് മഹാറാണി സർദാർമാരെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു ഒപ്പം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കഴിവില്ലാത്ത വിക്രമായത്തെ രാജാവിനോടുള്ള വെറുപ്പും ദേഷ്യവും മാറിയും കാണും എനിക്കെല്ലാം അറിയാം ചിത്രോടുകൂട്ടയിലെ സർദാർമാർ വാള ഉയർത്താൻ ജീവനുള്ളിടത്തോളം ചിത്ര ഉടനെ കൈവശപ്പെടുത്താൻ മുഗളന്മാരെ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചു അല്ലേ വീരസി സംഭവിച്ചത് ലോകം കണ്ടു എല്ലാ ജാഗീർദാർമാരും സർദാർമാരും ഒറ്റക്കെട്ടായി സോൻകാരാമാല രാവത് ബാഗ്സിംഗൻ അങ്ങനെ എത്രയോ പേർ ഉം മഹാരാണ വേഷം മാറ്റി ബുന്ദിയിലേക്ക് അയച്ചത് മാത്രം അയാൾ രക്ഷപ്പെട്ടു അല്ലേ വേണ്ടിവന്നു അതിനുശേഷം യുദ്ധം തുടങ്ങി മേവാടിലെ രജപുത്ര സൈനികരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ബഹാദൂർ ഷേയ്ക്ക് തോന്നിയപ്പോൾ അയാൾ കോട്ടയുടെ നീണ്ട മതിലിനു താഴെ ഒരു തുരങ്കം ഉണ്ടാക്കി വെടിമരുന്ന് പൊളിച്ച് കോട്ടക്കുള്ളിൽ പ്രവേശിച്ചു ഈ യുദ്ധത്തിൽ മുപ്പതിനായിരത്തിലധികം രജപുത്ര സൈനികർ വീരമൃത്യ പ്രാപിച്ചു റാണ വിക്രമാദിത്യസിഹന്റെ മാതാവ് മഹാറാണി കർണാവതി ഉൾപ്പെടെ പതിമൂവായിരത്തിലധികം രജപുത്ര സ്ത്രീകൾ സതിയനുഷ്ഠിച്ചു എങ്കിലും രാജാവാക്കി എന്നാൽ ഇനിയും അപമാനം സഹിക്കാൻ ഞങ്ങൾക്കാവില്ല സിംഹാസനത്തിൽ അത് മാത്രമല്ല നിങ്ങളുടെ പുത്രന് അവന്റെ അവകാശം കൊടുക്കാൻ കൂടിയാണ് വന്നത് ഞങ്ങൾ അവന് രാജസിംഹാസന് കൊടുക്കാനാണ് വന്നത് ഏതൊരു ബൻവീറാണോ ചിത്തോടിലെ രാജസദസിന്റെ വാതിൽപടി ഒരിക്കലും കാണാത്തത് ആ ബൻറെ രാജതന്റെ ഏൽപ്പിക്കുമോ അതെ കൂടാതെ താങ്കൾ മേവാടിന്റെ ശത്രുക്കളെ നശിപ്പിക്കാനായി യുദ്ധം നിയന്ത്രിക്കുമ്പോൾ മേവാടിന്റെ പതാക വഹിക്കുന്ന എല്ലാ സർദാർമാരും താങ്കളുടെ ഓരോ നിർദേശവും ശിരസാവിക്കും ൾക്ക് ശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം മേവാടിന്റെ മഹാവീരനായ പൃഥ്വിരാജിന്റെ അനന്തരാവകാശത്തിൽ എനിക്കും അവകാശമുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുകയാണ് അല്ലെ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തു വന്നത് അമ്മ കേട്ടോ നിങ്ങൾ ഞാൻ എന്റെ പിതാവ് മഹാറാണാ പൃഥ്വിരാജിന്റെ അഭിമാനത്തിന്റെ അവകാശിയാണെന്ന് ഇവർ സമ്മതിക്കുന്നു എന്റെ പിതാവ് മഹാറാണ് പൃഥ്വിരാജന്റെ അഭിമാനത്തിന്റെ അവകാശി ഇനി നിങ്ങൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല ോ ഇല്ല ഇല്ല മകനെ എന്റെ വയറ്റിൽ പിറന്നതുകൊണ്ട് നിനക്കുണ്ടായ കളങ്കം ഇതായി പിന്നെ മേവാടിന്റെ ശ്രേഷ്ഠരായ സർദാർകം അണിയിക്കാൻ ആഗ്രഹിക്കുന്നു രാജതു രാജതുലകം എന്റെ നെറ്റിയിൽ രാജതുലകം ചേരുമോ അമ്മേ നിങ്ങളെ സിംഹാസനത്തിൽ ഞങ്ങൾക്ക് രാവും പകലും അധ്വാനിക്കേണ്ടി വരും ശത്രുക്കൾ ുർബലരല്ല ശത്രുവോ എനിക്ക് ശത്രുക്കളായി ആരുമില്ല സർദാർ ശ്രേഷ്ഠ വിക്രമാദിത്യെ അനുകൂലിക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ ശത്രു അങ്ങനെയാണെങ്കിൽ ഭാവിയിലെ സ്വന്തം രാജാവിന്റെ തടസ്സമില്ലാത്ത ഭരണത്തിനായി നിങ്ങൾ ആ ശത്രുക്കളെ നശിപ്പിക്കുക രാജദിനകത്തിന്റെ ഏർപ്പാടുകൾ പാരമ്പര്യത്തിന്റെയും പേരിലാണ് ഇവർ നിന്നെ സിംഹാസനത്തിൽ ഇരുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് വാസ്തവത്തിൽ നീ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഈ പുത്രൻ അത്ര മണ്ടനല്ലമ്മേ ഇവർ ഏത് മുള്ളുകൊണ്ടാണ് മുള്ളിനി എടുക്കുന്നത് അതിനെ കാര്യം കഴിയുമ്പോൾ എറിഞ്ഞ് കളയുകയും ചെയ്യും സ്വർഗത്തിൽ നിന്ന് ഇന്ന് നിന്റെ പിതാവ് അനുഗ്രഹം ചുരിയുന്നുണ്ടാവും സ്വന്തം പിതാവിനോട് ചെയ്ത അന്യായത്തിന് പ്രതികാരം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ നിന്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കും എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ മുഗളന്മാരുടെ ദയയാകുന്ന കളങ്കം അതിനെ മറച്ചിരിക്കുകയാണ് ഓർമ്മയുണ്ടാവണം മുഗൾ ഹുമയൂണിന്റെ ദയയിലാണ് മേവാട് കഴിയുന്നത് ഇതിൽ എന്തസ്സാണുള്ളത് റാണാ വിക്രമാദിത്യെ നോക്ക് ഒരു ചെറിയ കാറ്റമതി അവൻ പറന്നുപോകും അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ മേവാടിലെ സർദാർമാർക്ക് അവനെ സിംഹാസനത്തിൽ നിന്നിറക്കുന്നത് സങ്കല്പിക്കാനുള്ള ധൈര്യമുണ്ടാവില്ലായിരുന്നു അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് ശക്തിയുള്ളവനെ സിംഹാസനത്തെ ശോഭിപ്പിക്കാൻ കഴിയുകയുള്ളു വിക്രമാദിത്യൻ ദുർബലനും കഴിവില്ലാത്തവനും ഭീരുവുമാണ് അവനെ സിംഹാസനത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് തന്നെ മാറ്റാനുള്ള ശക്തി എന്താ എന്റെ മകൻ ബൻവീറിന്റെ കൈകൾക്കില്ലേ ഉണ്ട് സമയമാഗതമായിരിക്കും എനിക്ക് ഉടനെ ചിത്തൂർ കോട്ടയിൽ എത്തേണ്ടതെന്ന് കളിപ്പാട്ടമാകുന്നു എന്റെ മഹാനായ പിതാവെ അങ്ങയുടെ ഈ പുത്രൻ ചിത്തോട് കോട്ടയിലെ മഹാരാജാവാകാൻ പോവുകയാതാവേ അവിടുന്നു സുനന്തം മകനെ അനുഗ്രഹിക്കുക എന്താണ് ഈ വൈകിയ രാത്രി എന്താണ് ഈ ബഹണം വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതായി തോന്നുന്നു ഇങ്ങോട്ട് വരുന്നതായി തോന്നുന്നു ഒരു സർദാർ ബൻവീരാകുമോ ബൻവീർ വലിയ വീരനാണെന്ന് കാണാനുള്ള അവസരം കിട്ടുമല്ലോ നിനക്ക് അവസരം ഇതാ കിട്ടിയിരിക്കുന്നു ബൻവീർ ഭീരു ഭീരുവോ അല്ലാതെന്ത് സ്വന്തം മാതാവിന്റെ സാരത്തുമ്പലൊളിച്ച് ജീവൻ രക്ഷിച്ച് നടക്കുകയായിരുന്നില്ലേ നീ ഇതുവരെ ഇപ്പോഴതുമില്ല ഇന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ ആര് വരുമെന്ന് നോക്കട്ടെ വാൾ വീശ നിനക്കറിയുമോ വന്നീർ എന്നാൽ പിന്നെ തയ്യാറായിക്കൊള്ളുക ഏത് സർദാർമാരുടെ പ്രേരണയാലാണോ നീ ഈ രാത്രിയിൽ എന്നെ കൊല്ലാൻ വന്നത് നാളെ പ്രഭാതത്തിൽ നിന്റെ മൃതദേഹത്തിൽ കണ്ണീർ പൊഴിക്കുന്നുണ്ടാവും ഞാൻ ആരുടെയും പ്രേരണയിലല്ല ഇവിടെ വന്നത് എന്റെ അമ്മയുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ എന്നെ നിന്നിച്ചതിനുള്ള പ്രതികാരം ചെയ്യാൻ എന്റെ പിതാവിനെ ഏത് സിംഹാസനത്തിൽ നിന്നാണോ അകറ്റി നിർത്തിയത് അതിന്മേലെ അധികാരം സ്ഥാപിക്കാൻ അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് ദാസി രാജസിംഹാസനവും എന്നാൽ ഇതാ പിടിച്ചോ നിനക്കും മുറിവേറ്റിരിക്കുന്നു ലജ്ജയില്ലാത്ത ീരുവായ രാജാവേ നീ പ്രാണൻ പിടിയാൻ പോകുന്നവരാണ് അതിനു മുൻപ് ഒരു പ്രാവശ്യം കണ്ണു തുറന്നൊന്ന് കണ്ടോ മേവാടിന്റെ ഭാവി മഹാറാണ് ബൻവീർ സിംഹനെ ഇന്നുമുതൽ നീ മേവാടിന്റെ സിംഹാസനം എന്റേതാണ് ഭാവി രാജാവ് എന്റെ മരണശേഷം മേവാടിന്റെ സിംഹാസനം നിനക്കുള്ളതല്ല എൻറെ എൻറെ ഇളയ സഹോദരനുള്ളതായിരിക്കും മഹാറാണ സാങ്കയുടെ ഏറ്റവും ഇളയ പുത്രൻ ഉദയ സിംഹനുള്ളതായിരിക്കും അവനും രക്ഷപ്പെടാൻ പോകുന്നില്ല പുഴുവിനെ പോലെ പുഴുവിനെ പോലെ കസക്കി കസക്കി കൊല്ലും ഞാനവന് ചന്ദ്രൻ അങ്ങോട്ടല്ല ഇങ്ങോട്ട് വിളിച്ചാലും അമ്മേ അമ്മ എന്റെ സ്വന്തം അമ്മയാണ് എന്നാൽ എപ്പോഴും ഉദയകുമാരൻറെ ഭക്ഷണം പിടിക്കുന്നു കുമാരൻ എന്നെ തള്ളി താഴെ ഇട്ടു കണ്ടോ ോട് പറയാ ചന്ദനെ താങ്കൾ സ്വന്തം അംഗരക്ഷകനാക്കണം ഞാൻ അവനെ നല്ലവണ്ണം ഭക്ഷണം കഴിപ്പിച്ച് ആനയെപ്പോലെ വലുതാക്കും അപ്പോൾ അവൻ ഒരിക്കലും ആരു തള്ളിയാലും എഴുകയില്ല ആയമ്മ പറയുകയാണെങ്കിൽ നിന്നെ എന്റെ അംഗരക്ഷകനാക്കാം നോക്കൂ നോക്കൂ ഇപ്പോ ചി വീട് പോലും തളർന്നുറങ്ങിക്കഴിഞ്ഞു നിങ്ങൾ രണ്ടു പേരും പോയി കിടന്നുറങ്ങണം എന്താ ബൻവീർ റാണ വിക്രമദിത്തിനെ വധിച്ചു അയാള് ചിത്തോടിന്റെ രാജാവാക്കാനുള്ള വിളംബരവും ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ കുമാരൻ ഉദയസിംഹനായി ഇങ്ങോട്ട് വരികയാണ് എങ്ങനെയാണ് കുട്ടിയെ വധിക്കാൻ തോന്നുന്നത് ആർക്കാണോ സിംഹാസനത്തോട് അവൻ എന്തും ചെയ്യും എന്തും ചെയ്യും അയാൾ കുമാരനെ വധിച്ചാൽ റാണ വംശം വേരറ്റു പോകും ഇല്ല അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല സേവക യുടെ പുത്രനെ രക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക നിങ്ങളും രാജമാതാവിന് വാക്കു കൊടുത്തിരുന്നു രക്ഷിക്കുമെന്ന് അല്ലേ അതെ റാണ വിക്രമാദിത്യെ രക്ഷിക്കാനായില്ല കുമാരൻ ഉദയനെ രക്ഷിച്ചേ തീരുമാനം കൊടുക്കേണ്ടി വന്നാലും പ്രാണൻ കൊടുക്കാൻ എളുപ്പമാണ് പന്ന പക്ഷെ കുമാരനെ എങ്ങനെ രക്ഷിക്കും ും അംഗരക്ഷകൻ ആകാമെന്നും കുമാരൻ പറഞ്ഞു ആ ഇതേതായാലും നല്ല കാര്യമായിട്ടെ ചന്ദൻ രാജാവായി എങ്ങനെ കാണപ്പെടുന്നു എന്ന് നോക്കട്ടെ കുമാര ചന്ദന് അങ്ങ് സ്വന്തം വസ്ത്രം ധരിപ്പിച്ചാലും കൂടാതെ കുമാരന്റെ ചെറിയ വാൾകൂടി എടുത്തോളൂ ആ ശരി ശരി ഇന്ന് ചന്ദൻ റാണിയാകും ഞാൻ ചന്ദനും അപ്പോൾ ുംഹന ഉദയസിംഹൻ ഉദയസിംഹൻ നല്ല ചന്ദനാകുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ എന്നേക്കും എന്റെ മകനാക്കേണ്ടി വരും ചന്ദൻ ഞാൻ തമാശ പറഞ്ഞതല്ലേ മോനെ എന്റെ മകൻ നീ തന്നെയാണ് കുമാരനും എന്റെ മകനാണ് അദ്ദേഹവും എന്റെ പാൽ കുടിച്ചിട്ടുണ്ട് നിന്നെ പോലെ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ് ുംക്കളുമാണ് ശരി ഇനിന്ന് നിങ്ങൾ വസ്ത്രം ധരിക്കുക വിചിത്രമായ കളി സേവക പറയൂ പന്നാ എന്താണ് എന്താണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് നീ ചെയ്യാൻ പോകുന്നതെങ്കിൽ സമയമില്ല സേവക ഒരു പ്രാവശ്യത്തേക്ക് മാത്രം എന്തിനാണ് അമ്മയെന്നല്ല ആയമ്മ എന്ന് പറ ഇപ്പോൾ ഞാനാണ് ചന്ദൻ നീറാണുഹനുംകനെ സേവക ഭാര്യ ഭാര്യ തിരിച്ചറിയാമോ എന്ന് നോക്ക് എന്റെ മകനേത് എന്ന് തിരിച്ചറിയാനേ കഴിയുന്നില്ല മകനെ എന്താ കൂടുതൽ രസം തോന്നുമോ പിന്നല്ലാതെ അല്ലല്ല പറയു ചന്ദേ ഇനിയും കരയുകയാണോ ആയമ്മള്ളതാണ് കാണുന്നവന് കരയേണ്ടി വരും ഇതാണ് അത് അത് പെട്ടന്ന് എടുത്തുകൊണ്ട് വാ ഉം ചെല്ലു ശരി ഈ കളി ഈ കളിയിൽ അങ്ങനെയാണ് എനിക്കൊന്നും മനസിലാകുന്നില്ല ഉദയ കുമാരമ്മ ഞാൻ ചന്ദനാണെന്ന് മറന്നുപോകുന്നു നിങ്ങൾ തന്നെയാണ് ചന്ദൻ ശരി ഈ കളിയിൽ ആരാണ് ഉദയ ഞാൻ ശരി അവൻ ആ ഭിത്തിയുടെ നേർക്ക് കണ്ണടച്ച് നിൽക്കണം ഈ കളിയിലെ ചന്ദൻ ഇവിടെ അടുത്ത് വന്ന് നിൽക്കണം സേവകൻ കൂട്ടയുമായി ഇവിടെ വന്ന ഉടനെ കുമാരൻ അതിനകത്ത് ചുരുണ്ടിരിക്കണം കേട്ടോ നിങ്ങൾ എന്തിനാണ് കരയുന്നത് കളിയുടെ നിയമമാണ് അതില്ലെങ്കിൽ ഈ കളി വെറുതെയാകും ൂടെ കണ്ട് എനിക്കും കരച്ചിൽ വരാൻ തുടങ്ങി കുമാര ഈ കൂട്ടയിലിരുന്നോളൂ ചുരുണ്ടിരുന്നോളൂ എങ്ങനെയല്ലേ അതെ അതെ അതെ അങ്ങനെ തന്നെ ഇനി മറ്റൊരു നിയമം ഓർക്കണം കേട്ടോ കൂട്ടയിൽ മിണ്ടാതെ ഇരിക്കണം ആരു വിളിച്ചാലും വിളി കേൾക്കരുത് ഇതിൽ കുമാരൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോഴും മിണ്ടരുത് കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം പോലും ചിരിക്കരുത് ഉം കുമാരൂ എന്ന് സേവകൻ പറയുമ്പോൾ ഞാൻ ഉത്തരം പറയണം കളി ഇടക്ക് വെച്ച് തീർന്നു പോകും മനസ്സിലായോ ശരിയായമ്മേ ഭാര്യ കൂട്ടയുടെ വായ ഇലകൾ കൊണ്ടടക്കണം നദി കടന്ന് പാറപ്രദേശത്ത് എന്നെ കാ പോകോ മേവാടി ഭാവി ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് കുമാരനെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഭവാനി നിങ്ങളെ രക്ഷിക്കട്ടെ ഞാനെന്ത് ചെയ്യണം മകനെ എന്റെ അടുത്തേക്ക് വരും നീയാണ് കുമാരൻ ൂടി കേൾപ്പിക്കാമോ കുമാരനെ കേൾപ്പിക്കുന്നത് ഇന്ന് റാണ ഉദയസിംഹനായ സ്ഥിതിക്ക് ാണ് ഭയക്കുന്നത് ഒരു രാക്ഷസനും കൂടിയുണ്ട് അവൻ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വരും രാക്ഷസനോ അതെ രാക്ഷസൻ അവനെ കളി യും ചെയ്യും രാക്ഷസൻ വന്നു അമ്മേ നിങ്ങൾ ആരാണ് നീ എന്നെ അറിയില്ലേ ഞാനാണ് ബൻവീർ ഇത് റാണയുടെ ശയനമുറിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ മാത്രമല്ല മഹാറാണ വിക്രമാദിത്യുമാരൻ ഉദയസിന്റെ രാജാവ് വിക്രമാദിത്യൻ ഇപ്പോൾ എന്നേക്കുമായി ലോകത്ത് നകന്നുപോയി മുതൽ മേവാടി രാജാവ് അതെയോ താങ്കളാണോ മേവാടിന്റെ രാജാവ് താങ്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാൽ ഒരപേക്ഷുണ്ട് ദയവായി മുറിയിൽ നിന്ന് പുറത്തു പോകുക മയക്കമാണ് ഇനിയും ഉദയനെ ഉറക്കാൻ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടായില്ല ഞാൻ ഇവനെ എടുത്ത് മേവാടിന് പുറത്തേക്ക് പോവുകയാണ് അവൻ ആരാണെന്ന് ഒരിക്കലും ഞാൻ അവനോട് പറയുക പോലുമില്ല അവന്റെ മുൻപാകെ മേവാടിന്റെ പേര് പോലും ഞാൻ പറയില്ല അങ്ങേക്ക് സിംഹാസനം വേണമായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ എന്റെ അമ്മയും എന്നെ ചിറ്റോടിൽ നിന്ന് വളരെ ദൂരെ കൊണ്ടുപോയിരുന്നു നാളെ ഇവനും മടങ്ങിവരും സിംഹാസനത്തിൽ തന്റെ അധികാരം ഉറപ്പിക്കാൻ അപ്പോൾ സംഭവിക്കും എനിക്ക് പറ്റിയത് ഇവൻ ഇവനെ ഈ ചുറ്റോട് ഉപേക്ഷിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ വിക്രമാദിത്യ ഭരണത്തിൽ വിഷമിച്ച് മേവാടിലെ ജനങ്ങൾ എന്ന സിംഹാസനത്തിൽ ഇരുത്തുകയാണ് എപ്പോഴൊരു ദിവസം എന്നെ മാറ്റി അവന സിംഹാസനത്തിൽ ഇരുത്താനുള്ള ഗൂഢാലോചനയും അവർ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ ഒരു ദാസിയാണെന്ന് തെളിയിച്ചു നീ എന്റെ കാലിൽ വീഴും എന്നോട് അപേക്ഷിക്കും സ്നേഹത്തിനായി അഭ്യർത്ഥിക്കും ഉദയന്റെയും എന്റെയും ഇടയിൽ കയറി നിൽക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു എന്നാൽ എന്നാൽ നീ ദൂരെ തന്നെ നിന്നു ഉദയന്റെ വളർത്തന്മയാണല്ലോ കേട്ടിട്ടുണ്ട് ജനിച്ചപ്പോൾ മുതൽ നീ അവനെ മുലയൂട്ടി എന്ന് എന്നാൽ തന്നെയെന്ന് തെളിഞ്ഞു സ്വന്തം സന്താനമായിരുന്നെങ്കിൽ എന്താ ഇപ്രകാരം പോയി ദൂരെ നിൽക്കുമായിരുന്നു ഉറങ്ങി ГРУСТНАЯ МУЗЫКА <behaviors> <Sur variance> സർദാർ ജഗ്മൽ എന്താണിത്ര ആവേശം എന്താ എന്തു പറ്റി പന്ന ചിത്തോടിലുണ്ട് ഉദയന്റെ വളർത്തുന്ന പന്ന അതിനെന്താ നാലു വർഷം കഴിഞ്ഞിരിക്കുന്നു ഉദയസിംഹൻ ജീവിച്ചിരിക്കുന്നു അതെ ഇത് ശരിയായ വിവരമാണ് എന്താ പറഞ്ഞത് ഉദയസിംഹൻ ജീവിച്ചിരിപ്പുണ്ടെന്നും കഴിഞ്ഞ നാല് വർഷത്തിൽ ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്നും കരുതിയതേ കൊണ്ട് ഉദയസിന്ന നഗരത്തിലെ ജനങ്ങളോടും സർദാർമാരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു താങ്കൾ വധിച്ചത് ഉദയസിംഹനെ അല്ല അത് വളർത്തമ്മ പന്നായുടെ സ്വന്തം മകൻ ചന്ദനായിരുന്നു ഉദയസിംഹൻ ജീവിച്ചിരിപ്പുണ്ട് അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വധിക്കുക പന്നായെ പിടിച്ച് ആരാഗ്രഹത്തിൽ അടയ്ക്കുക സർദാർമാർ കാരാഗ്രഹത്തിന്റെ വാതിൽ പൊളിച്ച് പന്നായിയെ മോചിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ ഇപ്പോൾ അവർ ഇങ്ങോട്ട് വരികയാണ് താങ്കളെ ആക്രമിക്കാൻ ഇപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു സൈനികർ പന്നായുടെ ത്യാഗത്തെ ആദരിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ നമ്മുടെ ആജ്ഞ അനുസരിച്ച് ആയുധമെടുത്തേ ഇപ്പോൾ അവർ താങ്കളെ രാജാവായിട്ടല്ല മേവാടിന്റെ പ്രതാപത്തെ നശിപ്പിക്കുന്നവനായിട്ടാണ് കരുതുന്നത് ദിവസം ധ്യായം ചേരുകയാണ് ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പറഞ്ഞുള്ളവനും രാജസിംഹാസനത്തിൽ ഇരുന്നിരിക്കുന്നു ഇനി റാണ ഉദയസിംഹന് ചിത്തോടിലെ സിംഹാസനത്തിലേക്ക് സ്വാഗതം സ്വാഗതം റാണ ഉദയസിംഹൻ സ്വാഗതം ഇവിടെ ഈ മണ്ണിൽ ബലിദാനത്തിന്റെ കഥ എപ്പോഴെല്ലാം പാടുന്നു പന്നാതായിയുടെ കഥയില്ലാതെ അതൊന്നും പൂർണമാവില്ല ഇത് സത്യം റാണ ഉദയസിംഹ എന്താണമ്മ എന്റെ ജോലി കഴിഞ്ഞു എനിക്ക് വിട നൽകുക അതേ മകനെ ഒരു കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ട് എന്നെ അമ്മയെന്ന് വിളിച്ചിരുന്ന മറ്റൊരു പുത്രനും കൂടി എനിക്കുണ്ടായിരുന്നു വർഷങ്ങളായി കുറച്ച് കണ്ണുനീർ ഞാൻ അവന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അവസരം കിട്ടിയില്ല ഇതുവരെ അവന് തർപ്പണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പാവം എന്റെ ചന്ദൻ അവനിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നെ കുമാരൻ നല്ല ചന്ദനാവുകയാണെങ്കിൽ ഞാൻ അവനെ എന്റെ മകനാക്കുമെന്ന് ആ രാത്രി ഞാൻ അവനോട് പറഞ്ഞിരുന്നു അവൻ എന്നോട് പറഞ്ഞു ഇല്ല നിങ്ങൾ എന്റെ അമ്മയാണ് ഞാൻ നിങ്ങളുടെ അമ്മക്ക് കൊടുത്ത വാക്ക് അത് പൂർണമായി പന്ന ഇങ്ങനെ അവസ്ഥ വരുമെന്നു ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇപ്പോൾ ഈ രാജകുട്ടാരത്തിനും ചിത്തോടിന്റെ കോട്ടയ്ക്കും മേവാടിന്റെ ഭാവി രാജാവാകേണ്ട എന്റെ പുത്ര മരണശേഷം സ്വന്തം പുത്രനെ രക്ഷിക്ക ഞാൻ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് പൂർണ്ണമായി നിങ്ങൾ നിസ്സഹായനായിരുന്നപ്പോൾ നിങ്ങളെ വിട്ടുപോകാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ മേവാടിലെ രാജാവാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇനി എനിക്ക് യാതൊരു ഭയമോ ചിന്തയോ ഇല്ല നിങ്ങൾ സിംഹാസനത്തിലിരുന്ന് ശോഭിക്കുക മകനെ നിന്റെ രാജാരൂപം കണ്ണുനിറയെ കണ്ടിട്ട് ഞാൻ പോകാം ആ രാത്രിക്ക് ശേഷം ഞാൻ നിന്റെ മാത്രം അമ്മയായി ജീവിച്ചു എനിക്ക് ചന്ദന്റെ അമ്മയായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് തർപ്പണം ചെയ്തല്ലേ തീരൂ അമ്മരുതെന്ന് പറയാനല്ലേ എനിക്കാവൂ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ഒരു രാജാവിന്റെ അവകാശാധികാരങ്ങൾ എത്ര നിസ്സഹായം ഞാൻ തടയില്ല സർദാർമാരെ പുതിയ രാജാവിന്റെ രാജത്തിനകത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്താൽ ദേശീയ നാടക പരിപാടിയിൽ നിങ്ങൾ കേട്ടത് പന്നാധായ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പന്നാധായ് രജിത മധു അമ്മ രജനി മേലൂർ ബൻവീർ പി ടി മനോജ് ബഹാദൂർ ഷാ കെ വെങ്ങര ഉദയ സിംഹൻ എം എസ് വാസുദേവൻ ബാലമുരളി ചിരക്കൽ സർദാർ വീർസിംഗ് ഷാജി മാലൂർ സർദാർ ജേത് സിംഗ് ജിതേഷ് പി സർദാർ ജഗ്മൽ സജി സെബാസ്റ്റ്യൻ ഒന്നാമത്തെ സൈനികൻ കെ ഒ ശശിധരൻ രണ്ടാമത്തെ സൈനികൻ വി മുരളീധരൻ പണ്ണയുടെ സേവകൻ ജിതേഷ് പി ചന്ദൻ മയൂഖ് ശാജി ബാലനായ ഉദയസിംഹൻ മാനസ ഷാജി നാടകരചന വിനോദ് കുമാർ മലയാള പരിഭാഷ ഡോക്ടർ അജിത് കുമാർ ബി സഹകരണം എസ് ആർ മായാ എ നിത്യ സാങ്കേതിക സഹായം സജിത് കുമാർ തലശേരി സുരേന്ദ്രൻ കൂടാളി നിർവഹണ സഹായം വിനീത സുമം അവതരണം ആകാശവാണി കണ്ണൂർ നിലയം